അദൃശ്യമായ വാർത്തകളിൽ നിന്നുള്ളതാണിത് ഞങ്ങൾ അത് നിങ്ങളിലേക്ക് മുഹമ്മദ് നബിസല്ലാഹു അലിഹി വസ്ലം വെളിപ്പെടുത്തുന്നു അവർ തങ്ങളുടെ തീരുമാനമെടുക്കുകയും തന്ത്രങ്ങൾ മെനയുകയും ചെയ്തപ്പോൾ താങ്കൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല